ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മെ ദൈവം വിളിച്ചത് എന്ന് നാം ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്ത സാഹചര്യം സാഹചര്യങ്ങളിൽ ദൈവം വിളിച്ചത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം ഇവിടെ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപതുകളുടെ തുടക്കത്തിലാണ് ഇവിടെ കൂടി വരാനായിട്ട് തുടങ്ങിയത് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ നമ്മൾ ഈ കേൾക്കുന്ന സത്യങ്ങൾ ഇത് വളരെ നല്ല സത്യങ്ങളാണ് ഇത് ഞാൻ വളരെയധികം വിലമതിക്കുന്നു ഈ സത്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പല ദൈവദാസന്മാരുണ്ട് അവരെയൊക്കെ വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ വിലമതിക്കുന്നു എന്ന് നാം തന്നെ പറയാറുണ്ട് എന്നാൽ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ദൈവം വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിലേക്ക് ഞാൻ ഞാനൊരു നല്ല സഭയിലായിരിക്കുന്നു എനിക്ക് നല്ല ലീഡേഴ്സ് ഉണ്ട് എനിക്ക് നല്ല ടീച്ചിങ് ഉണ്ട് എന്നാൽ അതിനപ്പുറത്ത് ഞാൻ ഈ കേൾക്കുന്ന വചനങ്ങൾ അതിലൂടെ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഒരു പുകഴ്ചയായിത്തീരണം ദൈവത്തിൻ്റെ നാമത്തിന് മഹിമയായിത്തീരണം എന്നുള്ളത് അതിവിടെയുള്ള ഏതെങ്കിലും ചില സഹോദരന്മാർക്ക് ചില സഹോദരിമാർക്ക് ഉള്ളതല്ല നമ്മളിപ്പോൾ എഫ് എ സി ലേഖനത്തിൽ തന്നെ എഫ് എ സു അധ്യായത്തിൽ സഭയുടെ സഭയായി നാം കൂടുന്നതിൻ്റെ തന്നെ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നത് എഫ് എ സു ലേഖന നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സഭയിൽ ദൈവം പല മിനിസ്ട്രീസിനെ പല ശുശ്രൂഷകളെ ദൈവം നൽകിയിട്ടുണ്ട് നാലാമധ്യേ പതിനൊന്ന് മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ അവൻ ചിലരെ അപസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു നമുക്ക് ദൈവം ആ രീതിയിൽ നല്ല അപ്പസ്തൂലന്മാരെ നല്ല ദൈവദാസന്മാരെ ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉദ്ദേശം അത് നാം എല്ലാവരും ഇവിടെയുള്ള ഏതെങ്കിലും ചില സഹോദരന്മാർ സഹോദരിമാരല്ല നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയുമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക ആകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർദ്ധന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നാം വരുന്നതിലൂടെയാണ് അത് നടക്കുന്നത് അങ്ങനെ പതിനാല് മുതൽ വായിക്കുന്നു അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിഞ്ഞ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് അവിടെ പറയുന്നത് ഇവിടെ അവിടെ പറയുന്നത് Uh, Equipping, the Equipping the saints for the work of service to the building of body of Christ. That is why I am all over the faith in the God and the God of the Father. In the world of the God, the God of the Father, the God of the Father, the Holy Spirit, the Holy Spirit, and the Holy Spirit. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലൂടെ സഭയിലൂടെ അതിനെ തുടർന്ന് അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും അപ്പോൾ നാം എല്ലാവർക്കും ഈ ഒരു പങ്കുണ്ട് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം അറിയുന്ന ഒരു തെറ്റും പറ്റാത്ത ദൈവം നമ്മയൊക്കെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നത് ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ആ വഴിയിലൂടെ ദൈവത്തെ അറിഞ്ഞ് നാം ആ ശരീരത്തിന് നാം സപ്ലൈ ചെയ്ത് നാം വളർന്ന് മറ്റുള്ളവർക്കും നാം ഒരു അനുഗ്രഹമായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഞാൻ ചിന്തിച്ചു ഈ ഒരു കാര്യമാണ് ദൈവം നമ്മെ വിളിച്ച് എബ്രാഹിമിനെ ദൈവം വിളിച്ചപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായി തീരും ഈ കാര്യത്തിനാണ് എബ്രാഹാമിനെ വിളിച്ചത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായി തീരും ക്രിസ്തുവിൽ എബ്രാഹാമിൻ്റെ മക്കളായി നാം എല്ലാവരും ആ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിലും അത് അപ്രകാരം തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം അത് ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതിന് നമുക്ക് എന്താണ് തടസ്സം എന്താണ് അതിൻ്റെ തടസ്സമായിട്ടുള്ളത് നമ്മള് എബ്രാഹിമിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ് നമുക്കെല്ലാം എടുക്കണമെന്നില്ല എന്നാൽ അവിടെ തുടങ്ങുമ്പോൾ നാം വായിക്കുന്നത് ദൈവം എബ്രാഹിമിനോട് പറയുന്നു ഞാൻ നിന്നെ അവന് മുതൽ നാം വായിക്കുമ്പോൾ എബ്രാഹാമിനെ വിളിക്കുന്നു പന്ത്രണ്ടാം അധ്യായം നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ ഒരനുഗ്രഹമായിരിക്കും എന്ന് അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പൊതുവായി നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളിൽ കേൾക്കുന്ന തരത്തിലുള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത് അനുഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു ജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ഒരു ജീവിതം അപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കും നമുക്കറിയാം നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ നാം ആദ്യം നമ്മുടെ തലയെ വണക്കിക്കൊണ്ട് ദൈവത്തിന് മുമ്പാകെ ചെല്ലണം നമ്മുടെ മുട്ടുകളെ മടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം വേണ്ടുമണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചിട്ടില്ല പ്രിയ സഹോദരൻ പല ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കടന്നു പോകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വലിയ കരത്തെ കണ്ട് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ കണ്ട് ദൈവമേ അങ്ങേക്ക് തെറ്റുപറ്റുന്നില്ല അങ്ങ് എല്ലാ മേലും നിയന്ത്രിക്കുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന ഈ വലിയവനായ ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഞാനിതായി ഏൽപ്പിച്ചു തരുന്നു നമ്മുടെ സമർപ്പണത്തിൻ്റെ മേലാണ് ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനായിട്ട് കഴിയുക ഇവിടെ ഇതാ ജീവിതത്തെക്കുറിച്ച് നോക്കുക എബ്രാഹാമിനോട് പറഞ്ഞത് നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് എവിടേക്കാണ് പോകാൻ പറഞ്ഞത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എബ്രാഹാമിനൊരു ഐഡിയയില്ല എങ്ങോട്ടാണ് പോകേണ്ടത് പക്ഷേ എബ്രാഹിമിനൊരാ കാര്യം അറിയാം എന്നെ വിളിച്ചവൻ ആരാണ് എന്നെ വിളിച്ചവൻ അവൻ വിശ്വസ്തനാണ് എന്നോട് പറഞ്ഞവൻ ആരാണ് ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനിതാ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നു എന്നെ തന്നെ താഴ്ത്തുന്നു എബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉടനീളം നാം തുടർന്ന് നാം വായിക്കുമ്പോൾ ലോത്തുമായിട്ട് അവിടെ പ്രശ്നം വരുന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിലും ഇതാ ദൈവത്തിന്റെ വലിയ കരത്തെ കണ്ട് ദൈവത്തിന്റെ മുമ്പാകെ തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യൻ ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്താൽ മതി എനിക്കായിട്ട് തിരഞ്ഞെടുപ്പുകളില്ല അവിടെ ഇതാ ആ ഭാഗം നോക്കുക പതിമൂന്നാം അധ്യായത്തിൽ അവിടെ പറയുമ്പോൾ ോത്തിനെ കുറിച്ച് പറയുന്നത് പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ആ വാക്യങ്ങൾ നാം നോക്കുമ്പോൾ പതിമൂന്നാം അധ്യായം മുൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായ ലോത്ത് നോക്കി പത്താം വാക്യം പതിനൊന്നാം വാക്യം ലോത്ത് തിരഞ്ഞെടുത്ത് പന്ത്രണ്ടാം വാക്യം ലോത്ത് സോതും വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു ലോത്ത് അവൻ അവന് ദൈവത്തിൻ്റെ മുമ്പാകെ വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ കരത്തെ കണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല അവനെ സംബന്ധിച്ചോളം അവനറിയാം എന്താ തിരഞ്ഞെടുക്കേണ്ടത് അവൻ നോക്കി ഏറ്റവും നല്ലത് നോക്കി അവൻ തിരഞ്ഞെടുത്തു ലോത്ത് നോക്കി ലോത്ത് തിരഞ്ഞെടുത്തു അവൻ തിരഞ്ഞെടുത്ത് അവസാനം അവൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാകുന്നതിന് പകരം ജീവിതം അവിടെ നാം കാണുന്നത് സ്വതവും വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു താൻ കൂടാരം വീട് നീക്കി നീക്കി അടിച്ച് അവസാനം അവൻ്റെ ജീവിതം സോതോമിലെത്തി അല്ലെങ്കിൽ സ്വതോം അവൻ്റെ ജീവിതത്തിലെത്തി നമ്മുടെയൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ എന്നാൽ എബ്രാഹാമിൻ്റെ ജീവിതം നോക്കുക അതിനു പകരം എബ്രഹാം ദൈവത്തിൻ്റെ നോക്കി എബ്രഹാം ദൈവത്തിൻ്റെ കരത്തെ കണ്ടു എബ്രഹാം യാഗപീഠം പണിതു എന്നൊക്കെയാണ് നമ്മൾ എബ്രാഹാമിനെ കുറിച്ച് വായിക്കുന്നത് ദൈവത്തെ കണ്ടു ദൈവത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേലിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എബ്രഹാമിനോട് ഒത്തിരി കാര്യങ്ങൾ എബ്രഹാമിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും ഉദാത്തമായ എബ്രാഹാമിൻ്റെ ജീവിതത്തിലെ സമർപ്പണം നാം കാണുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ സഹാക്കിനെ തന്നെ ഇരുപത്തിരണ്ട് രണ്ടാം വാക്യം നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് നീ മുറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക ഇവിടെയും ഒരു വ്യക്തതയോടെ ഒന്നും പറഞ്ഞിട്ടില്ല കർത്താവ് നീ ഇതാണ് ചെയ്യേണ്ടത് നീ ഇന്ന സ്ഥലത്തേക്ക് നീ പോവുക അവിടെയും ഇതാ ഏറ്റവും വേദനാജനകമായ തനിക്ക് മാനുഷികമായിട്ട് ഏറ്റവും വേദനാജനകമായ ഈ മധ്യത്തിലും ഇതാ ദൈവമേ അങ്ങ് അങ്ങയുടെ മുമ്പാകെ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ വാക്കിന് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു അപ്രകാരം സമർപ്പിച്ച് മുമ്പോട്ട് പോയ എബ്രഹാം എബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു പ്രിയ സൗരസൗരന്മാർ നമുക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഐ വിൽ ബ്ലെസ് യു ആൻഡ് ഐ വിൽ മേക്ക് യു എ ബ്ലസ്സിങ് അപ്പോൾ ആദ്യം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നാം പൂർണ്ണമായി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം നമ്മളെല്ലാ പല ദൈവദാസന്മാരെക്കുറിച്ച് അവർ ദൈവത്താൽ വളരെയധികം ഉപയോഗിക്കപ്പെട്ടവരാണ് അവർ ഒരനുഗ്രഹമാണ് അവരുടെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു എന്ന് നാം പറയുമ്പോൾ നമ്മളതിൻ്റെ പുറകിൽ ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആരംഭത്തിൽ ആലുവയിൽ അന്ന് കോൺഫറൻസ് നടക്കുകയാണ് ആലുവയിൽ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ അന്ന് കോൺഫറൻസിൽ പ്രസംഗിക്കാനായിട്ട് സാക്ക് ബ്രദർ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രിയ സഹോദരൻ അവിടെ വന്നപ്പോൾ അന്ന് ആ കോൺഫറൻസിൽ അദ്ദേഹം കൈയിലൊരു സ്ലിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൈ ഒടിഞ്ഞിട്ടുണ്ട് കൈയ്യിലൊരു സ്ലിംഗ് ഇട്ടുകൊണ്ടാണ് കോൺഫറൻസിൽ വരുന്നത് അപ്പോൾ അന്ന് ആ കോൺഫറൻസ് വളരെയധികം ഒരു അനുഗ്രഹമുള്ള ഉണർവുള്ള ഒരു കോൺഫറൻസ് അപ്പോൾ അന്ന് ബ്രദറിനൊരു കൈ അനക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രദറിന് ചില ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാനും അവിടെ അവിടെ ഉണ്ടായിരുന്നു ആ റൂമിൽ അന്ന് ഞാനൊരു ചെറുപ്പക്കാരനായി വിവാഹം ഒന്ന് കഴിയുന്നതിന് മുമ്പുള്ള ഒരു സമയം അതന്ന് എന്താണ് സംഭവിച്ചത് ബ്രദറിൻ്റെ അൻപതുകളിൽ ജാക്ക് ബ്രദറിൻ്റെ ഏകദേശം അൻപതിൻ്റെ മധ്യത്തിൽ പ്രായമുള്ള ഒരു സമയത്താണ് ആ സമയത്ത് ബ്രദറ് ബാംഗ്ലൂരിൽ അവിടെ ഡെക്കോസ്റ്റ സ്ക്വയർ അവിടെ നിന്ന് അവിടെ കോക്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ നിന്നും ബ്രദറിൻ്റെ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ ഒരു റെയിൽവേ ട്രാക്കുണ്ട് ഒരു റെയിൽവേ ലെവൽ ക്രോസ് ഉണ്ട് അന്ന് ഈ സഹോദരൻ തൻ്റെ അൻപതുകളിലും സഹോദരൻ സ്കൂട്ടറിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ഈ ലെവൽ ക്രോസിലൊരിക്കൽ ആ സ്കൂട്ടറിൽ യാത്ര ചെയ്ത് അപ്പോൾ ആ ലെവൽ ക്രോസിൻ്റെ ഗേറ്റ് അതിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ആളുകൾക്ക് പോകാം ബ്രതറ് സ്കൂട്ടറിൽ ക്രോസ് ചെയ്യാനായിട്ട് പോയി ആദ്യത്തെ ഗേറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഗേറ്റ് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഗേറ്റ് താഴേക്ക് വീണ് താഴേക്ക് വീണ് ബ്രദറിൻ്റെ തലയുടെ തെന്നി അത് തൻ്റെ തോളിലാണ് കൊണ്ടത് തൻ്റെ കൈ ഒടിയുകയും അന്ന് അതിനുശേഷം അന്ന് ആ കോൺഫറൻസിലും ബ്രദർ പറയുകയുണ്ടായി അതുവരെ അതിനൊക്കെ മുമ്പാണ് ഇവിടെ നമുക്ക് കോട്ടയത്തിൽ എൺപത് എൺപതുകളിൽ കോട്ടയത്തിലെ സർ ചർച്ച് എടുത്തു പല സ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഈ പ്രിയ സഹോദരനെ ദൈവം ഉപയോഗിച്ചു അതിനുശേഷം അൻപതുകളിൽ തൻ്റെ അൻപത് വയസ്സ് പ്രായത്തിൽ തൊണ്ണൂറിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ബ്രദർ പറയുക പറയുകയുണ്ടായി ബ്രദറ് ദൈവത്തോട് പറഞ്ഞു അന്ന് ആ സമയത്ത് തൻ്റെ ജീവിതത്തെ വീണ്ടും ഒരിക്കൽ കൂടെ തൻ്റെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് ബ്രദർ പറയുകയുണ്ടായി ബ്രദർ പറഞ്ഞു കർത്താവെ ഈ ഗെയ്റ്റ് എൻ്റെ തലയിൽ വീണ് ഞാനിവിടെ മരിക്കാമായിരുന്നു എന്നാൽ കർത്താവെ അങ്ങ് എനിക്ക് ജീവനെ നൽകിയത് വീണ്ടും എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നിലൂടെ അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ അതിന് തീർന്നിട്ടില്ല അതുകൊണ്ടാണ് കർത്താവെ അങ്ങനെ വീണ്ടും ആയുസ്സിനെ നൽകിയത് അതുകൊണ്ട് ഞാനിതാ എൻ്റെ വിശിഷ്ടമായുള്ള ജീവിതം കർത്താവെ എനിക്ക് മാക്സിമം ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതമായി മാറണം അതിനുശേഷമാണ് ഈ സി എഫ് സി ഇത്ര വിപുലമായി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ സന്ദേശം എത്തിയത് പല വിധങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ ഇൻ്റർനെറ്റിലൂടെ അനേക ഇടങ്ങളിൽ ഈ സുവിശേഷം പ്രചരിക്കുവാനായിട്ട് ഇടയായത് നമുക്കറിയാവുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ആ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് ആത്മീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തനിക്ക് ദൈവത്തിന് മുമ്പാകെ തൻ്റെ ജീവിതം വീണ്ടും ഒരിക്കൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ ആ ജീവിതത്തെ എത്ര മനോഹരമാക്കി എത്ര പേർക്ക് അനുഗ്രഹമാക്കി മാറ്റിയ ഒരു ദൈവം ഞാൻ ചിന്തിക്കുകയായിരുന്നു കർത്താവെ എൻ്റെ ജീവിതം നമ്മുടെ ജീവിതം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു കർത്താവെ അങ്ങയുടെ ഉദ്ദേശം അങ്ങയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എൻ്റെ ജീവിതം ഇതുവരെ കർത്താവെ വേണ്ടവെണ്ണം മാറുവാനായിട്ട് കഴിഞ്ഞില്ല എനിക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളിലൂടെ ഒക്കെ നാം ഒക്കെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കർത്താവേ ഞാനിതാ എൻ്റെ ജീവിതത്തെ ഞാനൊരു പ്രാവശ്യവും കൂടെ ഞാനിതാ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ വിളിച്ച ഉദ്ദേശം അതെൻ്റെ ജീവിതത്തിലൂടെ നിറവേറണം ഡി മൂഡി എന്ന് പറയുന്ന ഒരു ദേവദാസനും ആ ദേവദാസൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യം എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഐ ആം എറ്റ് ടു സീ വാട്ട് ഗോഡ് ക്യാൻ ഡൂ Through a man who is fully consecrated for him. I am yet to see what God can do through a man who is fully consecrated unto him. I am yet to see what God can do through a man who is fully consecrated unto him. That is the word. ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആ സെൻറ്റൻസ് നിർത്തിയില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഐ എയിം ടു ബി ദാറ്റ് മാൻ ആ മനുഷ്യനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ മനുഷ്യനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കിന്ന് ആ രീതിയിൽ ദൈവത്തോട് പറയുവാനായിട്ട് കഴിയുമോ കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാനിന്ന് രാവിലെയും ചിന്തിക്കുകയായിരുന്നു പല പാട്ടുകൾ നമ്മളെ പാടി കർത്താവെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വേണമെന്ന് നാം ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് പറയാം കർത്താവേ ഞാനിതാ എന്നെ തന്നെ പൂർണ്ണമായി അത് അനേക ദൈവദാസന്മാർ ചരിത്രത്തിൽ നിന്ന് നോക്കിയാൽ മാത്രമല്ല ദൈവവചനത്തിൽ പൗലോസാണെങ്കിലും പത്ര ദിവസമാണെങ്കിലുമൊക്കെ ദൈവത്തെ ദൈവത്തെ എതിർത്തുകൊണ്ട് ദൈവീയ കാര്യങ്ങളോട് മത്സരിച്ചു ഇവരൊക്കെ തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ദൈവത്തിന് എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റിയത് നമ്മൾ പലപ്പോഴും ഇതൊന്നും എന്നെ എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല പ്രിയ സഹോദര പ്രിയ സഹോദരി നമുക്കോരോരുത്തർക്കും ഞാനിന്ന് കാണുകയാണ് എൻ്റെ ജീവിതത്തിലെ കുറവ് ഞാൻ കാണുകയാണ് കർത്താവേ ഞാൻ വേണ്ടുമണ്ണം അങ്ങയ്ക്കായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങയുടെ അനുഗ്രഹം വേണ്ടവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് അങ്ങയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വേണ്ടുവണ്ണം ഇല്ലാത്തത് ഞാൻ കുനിച്ചിരിക്കുന്ന തലയുടെ മുകളിലാണ് അങ്ങേക്ക് കരം വയ്ക്കുവാനായിട്ട് കഴിയുക ഞാൻ മടക്കിയിരിക്കുന്ന മുട്ടുകൾ എൻ്റെ കുനിഞ്ഞിരിക്കുന്ന ശിരസ് അവിടെയാണ് അങ്ങയുടെ കരം നീട്ടി അങ്ങേക്ക് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയുക ഭർത്താവ് വേണ്ടുവണ്ണം എൻ്റെ മുട്ടുകളെ ഞാൻ മടക്കിയിട്ടില്ല വേണ്ടവണ്ണം എൻ്റെ ഹൃദയത്തെ എൻ്റെ ശിരസ്സിനെ ഞാൻ നമിച്ചിട്ടില്ല നമുക്ക് ആ രീതിയിൽ നമ്മെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം നിന്നുകൊണ്ട് നമുക്ക് പറയാം കർത്താവേ ഞാനിതാ എന്നെ തന്നെ പൂർണ്ണമായി ചോദ്യങ്ങളില്ലാതെ എനിക്ക് ഞാൻ എന്നെ തന്നെ അങ്ങയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു അതുപോലെ അവിടെ പറഞ്ഞത് ദൈവം അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല ഞാൻ നിന്നെ ഞാൻ നിന്നെ ഒരു അനുഗ്രഹ പാത്രമാക്കി നിന്നിലൂടെ മറ്റുള്ളവരെ ഞാൻ അനുഗ്രഹിക്കും അതും നമുക്ക് നമ്മൾ എൺപത്തി മൂന്ന് ഏകദേശം എൺപത്തി കോട്ടയത്ത് ഈ ഒരു പ്രവൃത്തി തുടങ്ങിയത് നമുക്ക് വേണ്ടുമണ്ണം ഈ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ നാം ഏറ്റവും വിലമതിക്കുന്ന ഈ സത്യങ്ങൾ വേണ്ടുമണ്ണം മറ്റുള്ളവരുടെ എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല മറ്റു പല സ്ഥലങ്ങളിലും സഭകൾ സ്ഥാപിക്കപ്പെടുവാനും മറ്റു ദൈവത്തെ അറിയുവാനും കേരളത്തിൽ ഈ സത്യം ആ രീതിയിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ ആ രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ സത്യങ്ങൾ സഭകൾ മുമ്പോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ ഇത് വേണ്ടുമണ്ണം മുമ്പോട്ട് പോകാത്തതിൻ്റെ കാരണം എന്താണ് കർത്താവെ അതിൻ്റെ കാരണം ഞാനാണ് അതിൻ്റെ കാരണം നാം ഓരോരുത്തരുമാണ് എന്നതിൻ്റെ ഉത്തരവാദിത്വം നാം എടുത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ കർത്താവെ വേണ്ടുമണ്ണം എൻ്റെ ജീവിതത്തെ നിൻ്റെ പദ്ധതിക്കായി നിന്റെ ഉദ്ദേശത്തിൻ്റെ നിവൃത്തിക്കായിട്ട് അങ്ങിയുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി അങ്ങിയുടെ പുകഴ്ചയ്ക്കായി എനിക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ലേ കർത്താവെ അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി വേണം അതുമാത്രമല്ല നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം എങ്കിൽ നാം ഇവിടെ നാം ഈ ദേവദാസ്മാരുടെയൊക്കെ ജീവിതത്തെ നാം കാണുകയാണെങ്കിൽ നാം ഒന്ന് പറഞ്ഞത് ഒന്ന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം രണ്ട് നമുക്ക് പാപത്തിനെതിരെ ഒരു ഗൗരവമായ മനോഭാവം നമുക്കുണ്ടാവണം നമ്മൾ റോമാലേഖനം ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് റോമാലേഖനം ആറാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നാം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവിടെ അവിടെ നാം വായിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇരുപത്തിരണ്ടാം വാക്യം ആറാം അധ്യയം ഇരുപത്തിരണ്ടാം വാക്യം ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം വേണ്ടുവണ്ണം ഒരു എഫക്റ്റീവായി തീരാത്തത് ഞാൻ എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ നാം വ്യക്തിപരമായിട്ട് തിരിഞ്ഞു നോക്കിയാൽ വേണ്ടുവണ്ണം നമ്മുടെ ജീവിതം ഒരു എഫക്റ്റീവായി വെളിച്ചമായി മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന ഒരു ജീവിതമായി മാറാത്തതിൻ്റെ ഒരു കാരണം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാത്തതാണ് രണ്ടാമത്തെ കാരണം നാം പലപ്പോഴും നാം ഈ കാര്യങ്ങളൊക്കെ കേട്ടെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാപത്തെ നാം ഗൗരവമായി എടുക്കാത്തതാണ് പല പാപങ്ങളെയും നാം അവിടെ ലാഘവത്തോടുകൂടെ കണ്ടിട്ടുണ്ട് പല പാപങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അത് കോപമാണെങ്കിലും ദേഷ്യമാണെങ്കിലും നമുക്ക് ക്ഷമി മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവമാണെങ്കിലും തെറ്റായ മോഹങ്ങളും ദുരാഗ്രഹങ്ങളും പണസ്നേഹവും ഇങ്ങനെയുള്ള നമ്മുടെ അക്ഷമര അക്ഷമരായ നമ്മുടെ പ്രകൃതവും പല കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചോളം കർത്താവ് എനിക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് മാറിപ്പോകണം എന്നുള്ള ഒരാഗ്രഹത്തോടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ പലപ്പോഴും ആ രീതിയിൽ നാം അന്വേഷിക്കുന്നുണ്ടോ കർത്താവെ എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് നാം ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയും നമ്മുടെ ഇന്നത്തെ നമ്മുടെ പലതരത്തിലുള്ള ടെക്നോളജി പല ഗാഡ്ജറ്റ്സ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ കർത്താവ് എൻ്റെ ചിന്തകൾ കാക്കപ്പെടണം കർത്താവെ എനിക്ക് മറ്റുള്ളവരുടെ മനോഭാവം സൂക്ഷിക്കപ്പെടണം കർത്താവെ പാപം സിക്കപ്പെട്ട് കർത്താവേന്റെ ആത്മീകമായുള്ള ശക്തി നഷ്ടപ്പെട്ട് ഞാൻ കർത്താവെ ഒരു ശക്തിയില്ലാത്തവനായി ഞാൻ മാറരുത് നാം യഥാർത്ഥത്തിൽ ആ രീതിയിൽ ഈ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് അതുപോലെ നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് ഈ രീതിയിൽ ഒരു അനുഗ്രഹം ആയിരിക്കുന്നതിന് തടസ്സമായിട്ട് ഉള്ളത് നമ്മളിപ്പോൾ കേട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആക്കി വയ്ക്കുമ്പോൾ അവിടെ ആ സാഹചര്യങ്ങളിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി ഒരു നുറുക്കത്തിലൂടെ നാം കടന്നു പോകാത്തതാണ് നമുക്കൊക്കെ നുറുക്കപ്പെടുവാനുള്ള പല അവസരങ്ങൾ നമുക്കൊക്കെ ദൈവം ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് നാം പ്രതീക്ഷിക്കപ്പെടാത്ത നാം ചിന്തിക്കാത്ത പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട് എന്നാൽ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ മറുതലിക്കാതെ മത്സരിക്കാതെ കർത്താവെ അങ്ങ് സ്നേഹിക്കുന്ന ഒരു പിതാവാണ് അങ്ങ് സകലത്തെ മേൽ നിയന്ത്രിക്കുന്നവരാണ് ഈ പ്രത്യേക സാഹചര്യത്തെ അങ്ങ് അനുവദിച്ചതിന് അങ്ങ് എനിക്കൊരു ഉദ്ദേശമുണ്ട് ഇവിടെ കർത്താവെ ഞാൻ എന്നെ തന്നെ ഈൽഡ് ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ ഇവിടെ ഏൽപ്പിച്ചു തരുന്നു ഏൽപ്പിച്ചു തരുന്നിടത്താണ് ദൈവത്തിനവിടെ നമ്മെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാക്കുവാനായിട്ട് കഴിയുക നമ്മൾ യോഹനന്റെ സുവിശേഷം ആറാമധ്യായം യോഹൻ അനാറാം അധ്യായം അവിടെ യേശു അയ്യായിരത്തെ പോഷിപ്പിക്കുന്ന ആ ഭാഗം നാം വായിക്കുന്നു എട്ടാം വാക്യം മുതൽ ശിഷ്യന്മാരിലൊരുത്തനായ ശിവൻ പത്രോസിൻ്റെ സഹോദരനായ അന്തരികസവനോട് ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ പക്കൽ അഞ്ച് എവത്തപ്പവും രണ്ട് മീനും ഇതാ ഒരു ബാലകൻ ഒരു പത്ത് വയസ്സായിരിക്കാം ചിലപ്പോൾ പന്ത്രണ്ട് വയസ്സായിരിക്കാം അവൻ്റെ കയ്യിൽ അഞ്ച് യുവത്തപ്പവും രണ്ട് മീനും ഒരു പക്ഷേ അമ്മ കൊടുത്തയച്ചതാണ് നിനക്ക് ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഭക്ഷിക്കാനായിട്ട് അവൻ്റേതായിട്ട് അവൻ്റെ കയ്യിൽ പാക്ക് ചെയ്ത് കൊടുത്തിരുന്ന അവൻ്റെ സ്വന്തമായ അഞ്ചപ്പം രണ്ട് മീൻ അവർ പാവപ്പെട്ട കുടുംബമായിരുന്നു നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണത് യവത്തപ്പം ഗോതമ്പപ്പം അല്ലാതെ അവർ യവത്തപ്പമായിരുന്നു ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് അവനെ കൊടുത്തിരിക്കുന്നതാണ് ഈ അഞ്ച് അപ്പവും രണ്ട് മീനും പക്ഷേ ഇവിടെ അന്തരസ് വന്നപ്പോൾ അവന് ആ അഞ്ച് അപ്പവും രണ്ട് മീനും ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു വിസമ്മതമില്ലായിരുന്നു ദൈവത്തിന് നമ്മുടെ ജീവിതം ഒരനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ നാം നേരത്തെ ചിന്തിച്ചത് അതുതന്നെ നമ്മെ നമുക്ക് ഈ രീതിയിൽ ഒരു റിസർവേഷൻ ഇല്ലാതെ ഒരു ആ രീതിയിൽ പിടിച്ചു വയ്ക്കാതെ കർത്താവെ നീ ചോദിക്കുമ്പോൾ ഞാനിത് തരാൻ തയ്യാറാണ് അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ തരുന്നു നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനുശേഷം അവൻ വാഴ്ത്തി എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട് ആളുകളെ ഇരുത്തുവീൻ പതിനൊന്നാം വാക്കിയതിനു ശേഷം പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി അല്ലെങ്കിൽ യേശു അനുഗ്രഹിച്ചു ആ ജീവിതത്തെ ആ അപ്പത്തെ യേശു അനുഗ്രഹിച്ചു ദൈവം നമ്മെ അനുഗ്രഹിച്ചു പക്ഷെ അനുഗ്രഹത്തിന് അപ്പുറത്ത് ആ അപ്പം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നതിനിടയിൽ അവിടെ എന്താ സംഭവിച്ചത് അവൻ വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു പങ്കിട്ട് കൊടുത്തു നമ്മൾ മർക്കോസിലും ഒക്കെ വായിക്കുന്നത് അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു പങ്കിട്ട് കൊടുത്തു അവൻ അപ്പം എടുത്ത് നുറുക്കി മറ്റുള്ളവർക്ക് കൊടുത്തു നമ്മെ സംബന്ധിച്ചോളം പ്രിയ സൗരസന്മാരെ നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഒരു അനുഗ്രഹമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ നാം നുറുക്കപ്പെടുവാനായി ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവെ ആ രീതിയിൽ അങ്ങേക്ക് എന്നെ ഓടിക്കുക എന്നെ നുറുക്കുക എന്നെ കഷ്ടങ്ങളാക്കുക എന്നെ കഷ്ടങ്ങളാക്കി മറ്റുള്ളവർക്ക് അങ്ങേക്ക് പങ്കിട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്ന ന എല്ലാവരും ആ രീതിയിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിത്തീരണം അപ്പം എന്ന് പറയുമ്പോൾ പ്രായോഗികമായിട്ട് ഇത് ഉറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയ കാര്യമായിരിക്കാം നമുക്ക് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിത്തീരണം നമ്മളെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചില ഇൻകൺവീനിയൻസസ് ഉണ്ടാകാം രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ആരും വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ എന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നാൽ എനിക്ക് പ്രയാസമാണ് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് നമുക്ക് ഇൻകൺവീനിയൻസ്ഡ് ആകാൻ കർത്താബെ വേണ്ടുവണ്ണം ആ രീതിയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പലപ്പോഴും എനിക്ക് എന്ത് ലഭിക്കും എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നെ എനിക്ക് എന്നെ സഹായിക്കുന്നുണ്ടോ എനിക്ക് വേണ്ടി ബ്രതറെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനാണ് നമുക്കിഷ്ടം എന്നാൽ മറ്റുള്ളവർക്ക് അവർക്ക് വേണ്ടി അവരെ ഒരു അങ്ങോട്ട് അവരെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ വിളിച്ചോട്ടെ എനിക്ക് എന്തെങ്കിലും ആ രീതിയിൽ ചെയ്യാൻ നമുക്കങ്ങനെ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ ആ രീതിയിൽ പല ബുദ്ധിമുട്ടുള്ള വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ചിലപ്പോൾ നമുക്ക് കടന്നു വരും ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും കർത്താവെ ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു ഞാൻ ഏൽപ്പിച്ച് തരുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് നാം ആ സാഹചര്യത്തിൽ നാം ഏഷ്പിച്ച് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മിൽ നമ്മളൊരു പ്രവൃത്തി നടക്കുകയാണ് നമ്മളൊരു നുറുക്കം നടക്കുകയാണ് ആ നുറുക്കത്തിലൂടെയാണ് നമുക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിത്തീരുന്നത് നമുക്ക് ദൈവചനത്തിൽ മറ്റ് പലയിടങ്ങളിൽ നമുക്ക് ആ ഭാഗങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല യോഹനൻ പന്ത്രണ്ടാം അധ്യായം ഇല്ല എങ്കിൽ അത് തനിയേ അത് ഫലം കൊടുക്കും അത് നിലത്ത് വീണ് ചാകുന്നതിലൂടെ നുറുങ്ങുന്നതിലൂടെയാണ് ഫലം പുറത്തു വരുന്നത് പല സ്ഥലങ്ങളിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ പാദത്തിൽ വന്ന് വെൺകൽ ഭരണി പൊട്ടിക്കുന്നു പൊട്ടിക്കുമ്പോൾ അവിടെ സൗരഭ്യമുണ്ടാകും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊടുക്കാതെ എൻ്റെ ഞാൻ പിടിച്ചു പാത്രത്തെ ഉടയ്ക്കാതെ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് കഴിയുക പ്രിയ സൗരസ്വരന്മാരെ നമുക്ക് ഒരു പുതിയ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നാം കാണുകയാണ് നാം എല്ലാം ഒരു അഭിനന്ദനത്തിൻ്റെ നിലവിൽ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നല്ല സാക് ബ്രദർ വണ്ടർഫുൾ പ്രൈസ് അലോൾ ജോജി ബ്രദർ പ്രൈസ് അലോൾ നന്നായിരിക്കുന്നു ഞാനോ എന്നെക്കുറിച്ച് എന്നെ കുറിച്ച് ദൈവം എന്താ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതെ നീ പൂർണമായി നിന്നെ തന്നെ സമർപ്പിച്ചു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ച് നുറുക്കത്തിന് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നിന്റെ ജീവിതം എൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായി തീർന്നു നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണ് ആ രീതിയിൽ നമുക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ എന്തുകൊണ്ടാണ് എഫക്റ്റീവായിട്ട് സഹായിക്കാൻ പറ്റാത്തത് നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അടിമാലിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കാറിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുകയാണ് നമ്മിൽ പല പല സ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്രദേഴ്സ് നമ്മുടെ ചർച്ചിലുണ്ട് നേരത്തെ പാസ്റ്റർമാരായിരുന്നവരുണ്ട് മറ്റ് പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുണ്ട് നമുക്കെല്ലാം കൂടെ ഈ രീതിയിൽ ഈ സഹോദരന്മാരെല്ലാം നമ്മൾ ആത്മീയമായിട്ട് ഈ ഒരു തീഷ്ണതയോട് ദൈവമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹമുള്ളവരായി മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുന്നവരായിട്ട് നാം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോട്ടയത്ത് ഈ സി എസ് സി ഫെലോഷിപ്പിന് കേരളത്തിൽ ഒരു സ്വാധീനമായി നിന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഈ സത്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പറ്റുന്നില്ല അത് പലപ്പോഴും പറ്റാത്തതിൻ്റെ ഒരു കാരണം നമുക്കിന്ന് ബൈബിൾ കോളേജുകളിൽ ഈ പാഠങ്ങൾ ആരും പഠിപ്പിക്കുന്നില്ല നമ്മുടെ ചുറ്റിനും എത്രയോ പേർ ഒത്തിരി അധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ബൈബിൾ കോളേജിൽ അവർ ബൈബിള് കുറേ പഠിപ്പിക്കും അത് മറ്റുള്ളവരോട് പ്രസംഗിക്കാനായിട്ട് പഠിപ്പിക്കും എന്നാൽ നുറുക്കത്തിൻ്റെ വഴിയിലൂടെ ഈ ഒരു സമയത്ത് നമ്മൾ വ്യക്തിപരമായ കോൺവെർസേഷൻ മറ്റ് സഹോദരി എന്നെ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ കർത്താവെ എനിക്കൊരു അനുഗ്രഹമായി തീരണമല്ലോ എന്നെ വിളിച്ചത് ഈ ബ്രദറിനോട് ഞാൻ സംസാരിക്കുന്നു ഈ സിസ്റ്ററിനോട് ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായൊരു കോൺവെർസേഷനായിരിക്കും കർത്താവെ ഞാൻ സംസാരിക്കും ഇപ്പം ഞാൻ എന്താ പറയേണ്ടത് ഇപ്പം ഞാൻ എന്താ പറയേണ്ടത് എന്താ ദൈവമേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം എന്താണ് നമ്മൾ അങ്ങനെ ഒരു ദൈവത്തോടൊരു സെൻസിറ്റീവായിട്ട് കർത്താവെ എന്താ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയായിട്ട് നിൽക്കുമ്പോൾ ദൈവം നാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അതിനു മുമ്പ് നമ്മെ തന്നെ ഏൽപ്പിച്ച് ഒരു നുറുക്കത്തിൻ്റെ വഴിയിലൂടെ നമ്മെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു തക്ക വാക്ക് ദൈവം തരും അത് അതിനെയാണ് നമ്മളൊരു ഒരു ഒരു പ്രൊഫറ്റിക് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അത് ആ വ്യക്തിക്ക് ആ സമയത്ത് ആ വ്യക്തിയെ സഹായിക്കുന്നൊരു വാക്കായി മാറും യേശു പറഞ്ഞു ഒത്തിരി വാക്കുകൾ യേശു പറഞ്ഞു പോകാം ഇനി പാപം അതിനു മുമ്പ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ യേശു അവിടെ നിന്നു അവിടെ നിന്ന് യേശു ഇങ്ങനെ ആലോചിച്ചു യേശു ഇങ്ങനെ ആലോചിച്ചു എന്താ എന്താ പറയേണ്ടത് അപ്പോൾ യേശു പറഞ്ഞു പോകാം പക്ഷെ ആ വാക്ക് ആ ഒറ്റ സെൻറ്റൻസ് അത് എന്തൊരു പ്രവൃത്തിയാണ് ചെയ്തത് അത് ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ യേശു വേറൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക അതിനുശേഷം എന്നെ പിൻപറ്റുക തികച്ചും വ്യത്യസ്തമായ ഒരു വാക്ക് ആ വാക്ക് പറഞ്ഞപ്പോൾ അവൻ ഒഫൻറ്റഡ് ആയിട്ട് അങ്ങ് തിരിച്ചു പോയി ചിലരെ ചിലപ്പോൾ തിരിച്ച് പോകുന്നതായിരിക്കും ചിലർ അടുത്ത് വരുന്നതായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നിത്യതയെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു വാക്ക് ആ രീതിയിൽ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമുക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിത്തീരുന്ന നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുത്ത് പാപത്തെ ഗൗരവമായി എടുത്ത് നുറുക്കത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിത്തീരുന്ന ഒരു ജീവിതം അത് നമുക്ക് ആഗ്രഹിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനും ഈ കേട്ട ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ എല്ലുവിളിക്കുന്ന പല സഹദരി സഹോദരന്മാരുടെ മധ്യത്തിൽ ഞാനും എൻ്റെ ജീവിതത്തെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു കർത്താവ് ഈ അൻപതിനടുത്ത് വർഷങ്ങൾ കർത്താവെ എൻ്റെ ജീവിതത്തെ വിട്ട് കടന്നുപോയി ഇനിയുള്ള എത്ര വർഷം എൻ്റെ മുമ്പിലുണ്ട് എന്നെനിക്കറിയില്ല ആ മുമ്പിലുള്ള ജീവിതം എൻ്റെ ജോലി എൻ്റെ മറ്റ് കുടുംബം എൻ്റെ ഒത്തിരി കാര്യങ്ങളിൽ മുഴുകി ദൈവത്തിൻ്റെ പൂർണ്ണമായി എന്നെ തന്നെ വിട്ടുകൊടുക്കാതെ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്തതിനായി പാപത്തെ ഗൗരവം എടുക്കാത്ത മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാത്ത ഒരു വ്യക്തിയായി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ സഹായിക്കണമേ ഞാൻ ഒരു വാക്യം കൂടെ നമുക്ക് ഓർക്കുവാൻ എളുപ്പമുള്ളൊരു വാക്യം രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാല് രണ്ട് ഏഴ് പതിനാല് രണ്ട് ഏഴ് പതിനാല് രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാല് ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നാം ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവജനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന വണ്ണം കർത്താവെ എനിക്ക് അങ്ങയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലില്ല കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന വണ്ണം കർത്താവെ ഞാൻ പാപത്തെ ഗൗരവമായി എടുത്തിട്ടില്ല കർത്താവെ അങ്ങ് വണ്ണം കർത്താവെ ഞാൻ നുറുക്കത്തിനായിട്ട് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ച് തന്നിട്ടില്ല കർത്താവെ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു അങ്ങയുടെ മുഖം ഞാൻ അന്വേഷിക്കുന്നു കർത്താവേ എൻ്റെ ദുർമാർഗങ്ങളെ അങ്ങേക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഞാൻ വിട്ടു പിരിയുന്നു കർത്താവെ അങ്ങനെയെങ്കിൽ സൃഗത്തിൽ നിന്ന് അവിടുന്ന് കേട്ട് പാപൻ ക്ഷമിക്കും പാപൻ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങൾ മാത്രമല്ല ദൈവം ക്ഷമിക്കുക ദൈവം ദേശത്തെയും ദൈവം സൗഖ്യമാക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ അപ്രകാരം സമർപ്പിക്കാം ഓരോ ആർമിയായി നമുക്ക് നിന്ന് സഭയായി ഓരോ സന്ധ്യാലും നാം ബലപ്പെട്ടവരായി നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പണിക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ